ത്തി പാണ്ഡ്യപട ഖ്ഗത്താൽ ശിരച്ചേരി തൻ കത്തുന്നു മധുരാപുരത്തിൽ ഇതിഹാസം പൊൽ ചിലമ്പാക്കുക ഇളം ചില പ്രതികാരത്തെ അധികരിച്ച് രമേശൻ നായർ രചിച്ച നാടകം സംഗീതം എം ജി രാധാകൃഷ്ണൻ സംവിധാനം പേരുകെട്ട ചോരനാട്ടിന്റെ മകളാണ് ഞാൻ രാജാവേ നൃപ നീതിയെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടല്ലോ നെഞ്ചിൽ കൈവച്ച് പറയാമോ നിനക്ക് എന്റെ ഭർത്താവാണ് നിന്റെ പട്ടം കൃഷിയുടെ ചിലമ്പ് മോഷ്ടിച്ച കളനെന്ന് ഉം പറയൂ ചില സ്വാഗതം താങ്കൾ വരുന്ന വഴിയാണെന്ന് തോന്നുന്നു അതെ അങ്ങയെ ഇടയ്ക്കിടെ കണ്ടുപോകാൻ സംഗതി വരുന്നത് തന്നെ ഒരു മഹാഭാഗ്യം തമിഴ് കവികുലത്തിന്റെ പരമ്പൊരുളാണ് ചാത്തനാൽ നമ്മുടെ സൗഹൃദം വീണുകിട്ടിയ നിധി കുറച്ചു മുമ്പും ശ്രദ്ധിച്ചു പുറത്ത് ഒരു ജനാരപം കുറെ മലങ്കുറവന്മാരെ അവിടെ കണ്ടു ആരവിടെ സ്വാമി അവരുടെ കൂട്ടത്തിൽ മൂപ്പന് വരാൻ പറയൂ ഉത്തരവ് എന്തെങ്കിലും ഉണർത്തിക്കാൻ കാണും പാപങ്ങൾ പുണ്യഭൂമിയായ ചേര രാജ്യത്തിലെ ഇളമുറയാണ് ഇന്ന് ഞാൻ അവർക്ക് അത് നമ്മുടെ ജ്യേഷ്ഠനോടല്ലേ വേണ്ടത് വഞ്ചി പൂമാല അണിഞ്ഞ് വഞ്ചിനാഥനായി വിരാജിക്കുന്ന ചേരൻ ചെങ്കുട്ടുവനോട് എന്ന് പറഞ്ഞാൽ നാടും നഗരവും കൊട്ടാര ജീവിതവും മഹാസാമ്രാജ്യം വാഴുവാൻ മോഹിച്ച് ഈ ഗോഷ്ടത്തിൽ ഒറ്റയ്ക്ക് കഴിയുകയാണിന്ന് നാം അങ്ങ് സിംഹാസനം വെടിഞ്ഞത് ശരിയാണ് എന്നാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ് ഇനിയും താഴെ ഇറങ്ങിയിട്ടില്ല വിജയിക്കട്ടെ എന്താണ് കാര്യം പറയൂ തിരുമനസ് അറിയേണ്ട കാര്യം കേൾക്കാൻ തിരുക്കമായിട്ടി aruvidal munne todichu varunnen purugaichcha kande urugaichcha kande nadhi nadhimi timidhimena nadhimi timidhimena nadhimi nadhimi dathrigada taddirigada tho അതേ തിരുമേനി കരിമലയിൽ തിന്നതിന്നാൻ വരുന്ന ഗുരുവുകളെ ആട്ടിയോടിച്ച് അരുവിയിൽ നീരാടി രാവിലെ അടിയങ്ങൾ ചെങ്കുന്തിന്റെ താഴ്വരയിൽ എത്തിയപ്പോൾ അപ്പോൾ ദേവലോകത്തു നിന്നൊരു രഥം ഇറങ്ങി വരുന്ന ഞങ്ങള് കണ്ട് ചെങ്കുന്നിൽ പൊന്മലുകൾ തിങ്ങിയ വേങ്ങമരത്തിന്റെ കുളുമയാറുന്ന തണലിൽ തണലേ അഴിച്ചിട്ട തലമുടിയോടെ കണ്ണീരുണങ്ങിയ കവിൾത്തടങ്ങളോടെ വിവശിയും ഒറ്റമുലർച്ചയും അതിരൂപവതിയുമായി ദേവതയെപ്പോലെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു അടിയങ്ങൾക്ക് ഈ പഴം കണ്ണുകളെ അവിശ്വസിക്കാൻ നിവൃത്തിയില്ല തിരുമേനി ഞങ്ങൾ നോക്കി നിൽക്കേ ദേവേന്ദ്രൻ രഥത്തിൽ ആ സ്ത്രീരത്നത്തെ കയറ്റി അവളുടെ ഇരുത്തി സ്വർഗത്തേക്ക് ഉയർന്നു പോവുകയാണ് ശരിയോ ഇളംകോവടികളായ പൊന്നുതമ്പുരാന് മാത്രമേ ഇതിന് കാണാനാവൂ എന്ന് അടിയങ്ങൾക്ക് തോന്നുന്നു എന്നിട്ടെന്താണ് ഒന്നും മിണ്ടാത്തത് ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് നാടു ചുറ്റി നടക്കുന്ന എനിക്ക് ആ ഒറ്റമുലച്ചിയുടെ കഥ അറിയാം ആദ്യം മുതൽ അവസാനം വരെ ഭാഗ്യമായി എന്നാൽ പറഞ്ഞു തുടങ്ങും അത്തിമാല ചൂടിയ ചോഴ മഹാരാജാവിന്റെ പുരാതന നഗരങ്ങളിൽ വെച്ച് നിലയ്ക്കാത്ത മഹിമ കലർന്ന കാവേരി പൂമ്പട്ടണത്തിൽ കോവലൻ എന്നൊരു വണിക്കുര യുവാവ് വാണിരുന്നു എന്നിട്ട് അതിരൂപവതിയും അത്ര തന്നെ കണ്ണകി എന്ന കന്യകാരത്നത്തെ അവൻ പാണിഗ്രഹണം ചെയ്യുന്നു കണ്ണിനാനന്ദമൂട്ടുന്ന പൊന്നെ കൈകുളിർക്കും വലമ്പിരിമുത്തേ അതെ എനിക്കറിയില്ല എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നിന്നെ വാഴ്ത്തണമെന്ന് ഞാൻ എത്ര ഭാഗ്യവാനാണ് കണ്ണിനെകളുള്ള ഈ മണിമാളിക ദേവശില്പിയായ മയൻ മന്ത്രശക്തി കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ഈ മണിക്കട്ടിലിൽ എന്റെ മെയ്യൂരുമേ ഇരിക്കുന്ന വസന്തകാലമേ നീ ഒരു എത്ര സ്നേഹസമ്പന്നനാണ് അതാണ് ഈ ഉള്ളവളുടെ ഭാഗ്യം പക്ഷേ കലവറയില്ലാത്ത ഈ പ്രശംസം അങ്ങയുടെ ഞാൻ എന്തോ എന്നെ തന്നെ മറന്നുപോകുന്നു പിന്നെയാണോ പറ്റിയ വാക്കുകൾ ഓർമ്മിക്കാൻ നമ്മുടെ മുൻപിൽ കാലം പൂവിരിച്ച വഴി എത്രയോ നീണ്ടു കിടക്കുന്നു ദൈവം കനിയെ െ അടച്ചു കളയുന്നു കാറ്റിനും ഉണ്ട് വേളിപ്പന്തലിൽ വെച്ച് ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞുകളഞ്ഞത് ഞാൻ എല്ലാം കേട്ടു പക്ഷെ ഒന്നും കേട്ടു ഞാനും അതെ എല്ലായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത് എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്വർണ്ണനൂലികൾ ഒന്നും നഷ്ടപ്പെടാതെ ഞാൻ കൂർത്ത് എന്റെ ആത്മാവിലണിഞ്ഞു എങ്കിൽ ഞാൻ തന്നെ ഒരു സ്വർണ്ണനൂലാവാ എന്താണ് രാത്രിയായിട്ടും സന്ധ്യ പിരിഞ്ഞു പോകാതെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എവിടെ ിൽ എനിക്കൊരു മഞ്ഞുകട്ടയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ഖേദം ഊഷ്മളമായ ഈ വാക്കുകളുടെ ഇളം കതിരുകളേറ്റ് എല്ലാം മറന്നൊരുകാൻ അലിഞ്ഞലിഞ്ഞില്ലാതെയാവാൻ നേരം വൈകിയോ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞത് അവർ മനസ്സിണക്കത്തോടെ ഇല്ല അതിനിടെ ക്രൂരമായ വിധി അവരെ തമ്മിലകറ്റിങ്ങനെ കാവേരി പൂമ്പട്ടണത്തിൽ തന്നെ ഉണ്ടായിരുന്നു മാധവി എന്നൊരു വേഷാങ്കന സുന്ദരി നൃത്തകലയിൽ നിപുണ കലാമർമജ്ഞ കാമസ്വരൂപിണി പോരെങ്കിലോ ഉർവശിയുടെ കുലത്തിൽ തന്നെയാണ് പിറന്നത് അവൾ കോവലേ എങ്കിൽ പിന്നെ പരാതിയില്ലല്ലോ പിന്നെ വിധിയെ തടുക്കാൻ ആർക്ക് കഴിയുന്നു കോവലനാണെങ്കിൽ കണ്ണകിയുടെ കൺകണ്ട ദൈവം അവനോ വിശ്വസ്തനായ ഭർത്താവ് മാധവി വേഷാങ്കനെയാണെങ്കിലും നല്ല സംസ്കാര സമ്പന്ന എങ്കിലും അവർ തമ്മിൽ വല്ലാതെ അടുത്തു അവരെ അടുപ്പിച്ച സാഹചര്യമോ പറയാ കാവേരി പൂമ്പട്ടണത്തിൽ എല്ലാ വർഷവും ഇന്ദ്രോത്സവം കേമമായി ആഘോഷിക്കാറുണ്ട് ഒരു തവണ ഇന്ദ്രോത്സവത്തോടൊപ്പമാണ് മാധവി രാജസദസ്സിൽ തന്റെ നൃത്തവും അരങ്ങേറി ഉറവശിയുടെ കുലത്തിൽ പിറന്ന കലാരപ്പണി നമ്മുടെ നാടിന് അഴിയാത്ത സമ്പത്താണെന്ന് കലയ്ക്കും സംസ്കാരത്തിനും പാദപ്രണാമം ചെയ്യുന്ന പാരമ്പര്യമാണ് ചോഴ രാജാക്കന്മാരുടേത് നാം നിന്നിൽ അങ്ങേയറ്റം സംപ്രീതനായിരിക്കുന്നു നിനക്ക് നന്മ ഇതാ നിന്റെ സിദ്ധികളെ ചോഴ സാമ്രാജ്യം അംഗീകരിച്ചതിന് തെളിവായി ഈ തലക്കോൽ നിനക്ക് നാം തരുത്തു പച്ചരത്നങ്ങൾ പതിച്ച ഈ മാലയും നാം നിനക്ക് സമ്മാനിക്കും എല്ല ആരുണ്ട് ഈ മാല വാങ്ങാൻ നൃത്ത കലാവല്ലഭയായ മാധവിയ്ക്ക് ശോഴമണ്ണൻ സമ്മാനിച്ച് മാല വാങ്ങാൻ ആണുങ്ങൾ ആരുണ്ട് ആയിരത്തി എട്ട് പൊന്നുവില തന്ന് ഈ മാലയെയും മാധവിയെയും സ്വീകരിക്കാൻ ആരുണ്ട് സ്വാമി തെറ്റിദ്ധരിക്കരുത് ഉരുവശിയുടെ കുലത്തിൽ പിറന്ന എന്റെ സ്വാമിനിക്ക് ശോഴ മഹാരാജാവ് സമ്മാനിച്ചതാണ് ഈ മാല നൃത്തകലാ കോവിതയായ എന്റെ സ്വാമിനിയും അഭിജാതയാണ് ആയിരത്തി എട്ട് പൊന്ന് ഈ മാല ആര് വാങ്ങുന്നുവോ അദ്ദേഹവും അഭിജാതൻ തന്നെയാവും അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം എന്റെ സ്വാമിനിയെ പ്രാപിക്കാനുള്ള അർഹതയുണ്ടാവൂ എങ്കിൽ ആയിരത്തെട്ട് പൊന്ന് ഞാൻ തരുന്നു മാല ഇങ്ങോട്ട് തരൂ എവിടെ നിന്റെ സ്വാമിനി വരൂ ഞാൻ കാണിക്കാം ജനിച്ചത് മുതൽ അങ്ങേ മാത്രം കാത്തിരിക്കുന്നു എന്റെ സ്വാമിനി വരൂ എനിക്ക് തെറ്റിയില്ല എനിക്കും ഞാനിപ്പോൾ എവിടെയാണ് ചോളരാജ്യത്തിൽ ഇങ്ങനെയും ഒരു സ്വർഗമോ ആയിരത്തെട്ട് പൊന്നുകൊടുത്ത് മറ്റൊന്നും ആലോചിക്കാതെ അണിയാൻ പോകുന്നത് നിന്നെയാണ് ഈ ഉള്ള ഭാഗ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാലയ്ക്ക് പതിനായിരത്തെട്ട് പവൻ വില വെച്ചാൽ പോലും അതധികമാവില്ല എന്ന് അങ്ങേതന്നെ കിട്ടുമായിരുന്നെങ്കിൽ മാലയ്ക്ക് വിലയെ വെക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിന്റെ പാദങ്ങൾ മാത്രമല്ല മാധവി മധുരമായ പദങ്ങളും നൃത്തം ചെയ്യുന്നു മനോഹരമായി ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് തരേണ്ടത് അങ്ങേ എനിക്ക് സമ്മാനിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണ് അല്ലെങ്കിൽ അത് ശരി അത് മാത്രം ഞാൻ നിന്റെ അക്രീതദാസൻ അയ്യോ മാും പറയരുതേ വിളക്കിന്റെ നാളത്തിനും എന്റെ മനസ്സു പോലെ എന്തോ ഒരു ചാഞ്ചാട്ടം വേണ്ട ഇന്നത്തെ കീ മതി ജാലകത്തിലൂടെ പുറത്തേക്കൊന്നു നോക്കൂ നിലാവിന്റെ വിളക്കിലും തിരിതാണ് കഴിഞ്ഞു ചരാചരങ്ങളെല്ലാം ഉറക്കത്തിന്റെ മടിയിലേക്ക് ചാഞ്ഞുകഴിഞ്ഞു വേണ്ട എന്നാലും ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഞാനും വറ്റാത്ത ഈ വിളക്കിലും പ്രതീക്ഷയൊടുങ്ങാത്ത എന്റെ മനസ്സിലും തിര നീട്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു എന്റെ നാഥനെവിടെ പാപിനിയായ ഹതഭാഗ്യയെ അദ്ദേഹം മറന്നു പോശ്വര ഈ ഏകാന്തത ആയിരം നഖങ്ങൾ നീട്ടി എന്നെ പിച്ച് ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം എന്ത് മഹാഭാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ നാഥൻ മടങ്ങി വരില്ലേ വരും വരാതിരിക്കില്ല മാധവിയുടെ സൗന്ദര്യക്കടലിലെ ചുഴികളിൽ നിന്ന് കോവലന് കരകയറാൻ കഴിഞ്ഞില്ല അയാൾ എല്ലാം മറന്നു പതിവ്രയായ ഭാര്യ കണ്ണുകിയെയും അതായിരുന്നു വിധി എന്നിട്ടെന്തുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞു മാധവിയിൽ കോവലന് ഒരു മകളുണ്ടായി മണിമേഖല വിധി വീണ്ടും അതിന്റെ കരുക്കൾ നീക്കിത്തുടങ്ങി എങ്ങനെ ധനമെല്ലാം ധൂർത്തടിച്ചു കഴിഞ്ഞപ്പോൾ കോവലിന് എന്തെന്നില്ലാത്ത ഒരു അപകർഷത്താ ബോധം താൻ മാധവിയുടെ മുമ്പിൽ ചെറുതായി തീർന്നതുപോലെ അവളുടെ ഓരോ ചലനവും വാക്കും തന്നെ പരിഹസിക്കുന്നത് മാധവിയുടെ സ്നേഹം യഥാർത്ഥത്തിൽ കുറഞ്ഞു ഒരിക്കലുമില്ല പക്ഷേ കോവലൻ്റെ ഭാവം കണ്ടിട്ട് അയാൾക്കെന്തോ നിരാശയുണ്ടെന്ന് അവൾ ധരിച്ചു ഒരുപക്ഷെ മറ്റേതെങ്കിലും പെണ്ണിനെ ചൊല്ലിയുള്ള ഉത്കണ്ഠയാണോ എന്ന് പോലും സംശയിച്ചു ഒടുവിൽ ചോഴനാട്ടിൽ എല്ലാ വർഷവും ആഘോഷപൂർവം കൊണ്ടാടുന്ന ഇന്ദ്രോത്സവം വന്നു ജനങ്ങൾ ആനന്ദലഹരിയിൽ മതിമറന്നു കാറ്റില്ലെങ്കിലും പടർന്ന് കയറി എല്ലാം നശിപ്പിക്കുന്നതാണല്ലോ സംശയത്തിന്റെ തീയ ഇന്ദ്രോത്സവത്തിൽ കടൽക്കരയിലെ ചോലയിൽ വെച്ച് അവർ വീണ വായിച്ച് പരസ്പരം ദ്വയാർത്ഥ സൂചകങ്ങളായ കാനൽ വരിപ്പാട്ടുകൾ പാടി അന്യോന്യം േഗത്തിൽ പറക്കും പ്രാണരക്ഷകനുള്ള മണി തേര് ർത്ഥനേയുള്ളൂ കൊടും കൺവലയും പിന്നെ കൊല്ലൂ മത്സ്യജാലത്തെയും കഷ്ടം വൾക്കെങ്കിലും ഒരു മയം ഉണ്ടായിരുന്നെങ്കിൽ അതിന് മനുഷ്യ സ്ത്രീയുടെ വേണം വേശയ്ക്കുണ്ടോ വേദാന്തം തെളിയുന്നു നന്ദി വേട് പറയരുത് ദൈവദോഷം കിട്ടും ഞാൻ വേശിയല്ല മാധവിയാണ് ഇത്ര നാളും കിട്ടിയത് പിന്നെ പുണ്യമായിരുന്നുവോ മതിയായി എനിക്ക് മതിയായി ഞാൻ പോകുന്നു കേൾക്കൂര അങ്ങനെ വീണയുടെ കമ്പികൾ തകർന്നതോടെ ആ ബന്ധുവും തകർന്നു വിലപ്പെട്ട ബന്ധങ്ങളെന്നും മറ്റും നാം ചിലപ്പോൾ വിശേഷിപ്പിക്കാറില്ലേ അതൊക്കെ എത്ര അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ കോപം തളുക്കുമ്പോൾ കോവലൻ മടങ്ങി വരുമെന്ന് മാധവി കാത്തിരുന്നു പക്ഷേ വന്നില്ല നേരെ കണ്ണകിയുടെ അടുത്തേക്കായിരിക്കും പോയത് അതെ കണ്ണകി അവനെ സ്വീകരിച്ചു അതെ സസന്തോഷം സ്വീകരിച്ചു യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഈ മണ്ണിനേക്കാൾ എത്ര വിശാലമാണ് ഈ മണ്ണിൽ പറഞ്ഞ പെണ്ണിന്റെ മനസ്സ് ഇതിനേക്കാൾ ഉള്ളു നോവിക്കുന്ന ഒരു പുനഃസമാഗമ രംഗം മറ്റെവിടെയെങ്കിലും ഉണ്ടായി കാണാൻ ഇടയില്ല ഒരു നിമിഷം നിൽക്കൂർത്തന ആ രംഗം ഞാനെന്ന് കണ്ടുനോക്കട്ടെ ൾ രണ്ടര് എന്റെ പ്രാണീശ്വരാ അങ്ങ് തന്നെയാണോ എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്താണ് മിണ്ടാത്തത് പറയൂ ഈ ഭാവിയോടെ പറയൂ കണ്ണകി ബായി തുറന്നാൽ എനിക്കൊന്നേ പറയാനുള്ളൂ മാപ്പ് പറയുകയാണോ ഞാൻ ഇന്ന് എന്റെ പോലും നാഥനല്ലാതായി തീർന്നിരിക്കുന്നു കണ്ണകി വരൂ അകത്തേക്ക് വരൂ നമ്മൾ ഒരുമിച്ചു കഴിഞ്ഞ മുറി വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ മുറി അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ തുറക്കൂ അങ്ങയുടെ ധനമെല്ലാം തീർന്നപ്പോൾ മാധവി തള്ളി പറഞ്ഞു കാണും ഇല്ലേ എന്റെ രണ്ട് കാൽ ഇനിയുമുണ്ട് കൊണ്ടുപോകൂ എവിടെ അങ്ങ് സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കൂ ഭർത്താവിന്റെ സുഖമാണല്ലോ ഭാര്യയുടെയും സുഖം നിന്റെ നിറഞ്ഞ മനസ്സിന് മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കണ്ണകി ഞാൻ ഉരുകിപ്പോൾ മറക്കാതെ മാപ്പുകൾക്ക് അതീതമായ കുറ്റമാണ് ഞാൻ ചെയ്തത് ഞാൻ നിന്റെ കാല പിടിച്ച് ഈ പാപിയോട് പൊറുക്കൂ കണ്ണകി പൊറുക്കൂ അയ്യോ അങ്ങ് എന്താണ് കാണിക്കുന്നത് ദൈവമാണ് അങ്ങലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല പൂർവികർ ഉണ്ടാക്കി വെച്ച് മല പോലുള്ള സമ്പത്തെല്ലാം ഒരു പെണ്ണിനു വേണ്ടി ഞാൻ തുർത്തടിച്ചു ഈ അപമാനത്തിന്റെ കനത്ത ചൂടും പേറി ഈ ചോഴനാട്ടിൽ ഞാനിനി ജീവിക്കില്ല വിധിയുണ്ടെങ്കിൽ സമയം ഇനിയും അതെ അതെ കണ്ണക്കി എല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം ഈ രാത്രി തന്നെ നമുക്ക് പോകാം മധുരയിലെത്തി നിന്റെ കാൽ ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാം ആ ധനം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വീണ്ടെടുക്കും ഈശ്വര എന്നോട് നീ കരുണ കാണിക്കാൻ തുടങ്ങുകയാണോ കുബേര പദവി കളഞ്ഞ് സ്വയം ദാരിദ്ര്യത്തിന്റെ ചെലിക്കുണ്ടിലേക്കുള്ള എടുത്തുചാട്ടം ശരിയാണ് മക്കളെ ജീവിതത്തിൽ പലതും സംഭവിക്കാം എന്നാലും വിവേചന ബുദ്ധി തന്നെയാണ് വഴികാട്ടേണ്ടത് ഞങ്ങൾ മധുരയ്ക്ക് പോവുകയാണേ ഒരു പുതിയ ജീവിതം തേടി വിലപ്പെട്ട രണ്ട് കാൽ കണ്ണകിക്ക് അവശേഷിക്കുന്നുണ്ട് അവ മാത്രം മധുരയിൽ ചെന്നാൽ അതിലൊന്ന് വിറ്റ് കച്ചവടം തുടങ്ങാം പക്ഷേ വിലപ്പെട്ട ആഭരണങ്ങളുമായി പൂപോലുള്ള ഈ പെൺകുടിയുമായി കൊടിയ രാത്രിക്ക് ദുർഗമമായ വനമാർഗങ്ങൾ താണ്ടി നിങ്ങൾ തനിച്ചു പോവുകയെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് നിങ്ങളെ അങ്ങനെ പറഞ്ഞയക്കാൻ തോന്നുന്നില്ല ജീവിതത്തിന്റെ പന്ത്രാവിനേക്കാൾ കഠിനമാണോ അമ്മേ മധുരയ്ക്കുള്ള മാർഗം ഇപ്പോൾ ഞാൻ അങ്ങനെയേ പറയൂ അമ്മ തന്നെ ഞങ്ങൾക്ക് രക്ഷ കുറെ കാലമായി ഞാനും മോഹിക്കുന്നു മധുരയിലേക്ക് പോയി മഹാഗുരുവിന്റെ അനുഗ്രഹം വാങ്ങണമെന്ന് ആ ആ അവസരം ഇതുതന്നെയാവട്ടെ ഞാനും പുറപ്പെടാം നിങ്ങളെ ഈ അവസ്ഥയിൽ തനിച്ച് പറഞ്ഞയക്കുന്നത് മഹാപാപമാണ് തോളിൽ ഉറിയണിഞ്ഞ് കയ്യിൽ ഭിക്ഷാപാത്രവും മയിൽപീലിക്കെട്ടുമേന്തി നിൽക്കുന്ന ഈ അമ്മ സാക്ഷാൽ പ്രപഞ്ചേശ്വരി തന്നെയാണ് എന്നാൽ പുറപ്പെടാം മക്കളെ അങ്ങനെ കാടും നാടും ദിനരാത്രങ്ങളും എല്ലാം താണ്ടി അവർ തളർന്നും വലഞ്ഞും മധുരയിലെത്തി എന്നിട്ട് കൗന്തിയടികൾ അവരെ മാതിരി എന്ന ഇടയ സ്ത്രീയുടെ വീട്ടിൽ ഭദ്രമായി താമസിപ്പിച്ചു എന്നിട്ട് അവർ ജൈനമഹാചാര്യന്റെ അനുഗ്രഹം വാങ്ങാൻ പോയി വിധിയുടെ വിളയാട്ടം അത്ഭുതകരമായി തോന്നുന്നു വല്ലാത്തൊരു കൂടുമാറ്റം കണ്ണനും രാധയും ഇടയകുലത്തിൽ വീണ്ടും വന്നു ചേർന്നതാണോ എന്ന് മാധുരിയും കൂട്ടരും സംശയിച്ചുപോയി അവരെ സന്തോഷിപ്പിക്കാൻ ഇടയകന്യകമാർ കൂത്താടുക പോലും ചെയ്തു സാധുക്കരി ഇടയപ്പെ ജനിക്കാനും ഭാഗ്യം വേണം എനിക്കാകെ ശ്വാസമുട്ടി തുടങ്ങി സ്നേഹ സൽക്കാരങ്ങളുണ്ടല്ലേ അതെ താങ്ങാൻ കഴിയുന്നതിലും അധികം സ്നേഹം ൾ കഴിഞ്ഞു കാര്യമൊന്നും നടന്നില്ല എന്തായാലും നിന്റെ ഒരു ചിലമ്പിങ് തരൂ ഇന്ന് ഞാൻ രാജവീതിയിൽ ഏതെങ്കിലും തട്ടാന കാണിച്ച് അത് വിറ്റിട്ട് വരാം ഇതാ ചിലമ്പ് ഞാൻ വേഗം മടങ്ങി വരാം അപരിചിതമായ സ്ഥലമാണ് സൂക്ഷിക്കണം ധർമ്മിഷ്ഠനായ പാണ്ഡ്യ മഹാരാജാവ് വാണരൽ എന്ന മധുരയിൽ എന്താണ് പേടിക്കാനുള്ളത് ഞാൻ പോയി വരാം ഞാൻ നോക്കിയിരിക്കും ഈശ്വര ഒരു പുതിയ ജീവിതം തരനെ ആളുകൾ എന്തൊക്കെയോ സ്വകാര്യം പറയുന്നല്ലോ രാജഭടന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഓ അതാണോ എന്നാലും ആ കള്ളൻ എങ്ങനെ ധൈര്യം വന്നു കൊട്ടാരത്തിൽ മോഷണം നടത്താൻ അതും മഹാറാണിയുടെ ചിലമ്പ് തന്നെ മോഷ്ടിക്കാം എന്തോ ആർക്കറിയാം സത്യം എന്തായാലും മഹാറാന വളരെ ദുഃഖിതയാണ് അതുമൂലം മഹാരാജാവും പരിഭ്രാന്തരായിരിക്കും മധുരയിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇതാണിപ്പോ ഞാൻ കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് വന്നതാണ് എനിക്കിവിടെ പരിചയം പോരാ എനിക്കൊരു ഉപകാരം ചെയ്യാമോ പറയൂ നല്ലൊരു തട്ടാന എനിക്ക് പരിചയമാക്കി തരാമോ എനിക്ക് കുറെ ആഭരണങ്ങൾ വിൽക്കണമായിരുന്നു അതിനെന്താ പ്രയാസം ആ വരൂ രാജകുട്ടാരത്തിന്റെ തന്നെ തട്ടാനാണ് അയാളെ പരിചയപ്പെടുത്താം ലേശം നടന്നാ ശരി നടക്കാം നോക്കൂ ആ വരുന്ന ആ അയാൾ തന്നെ നിങ്ങൾ പോയി നേരിട്ട് സംസാരിക്കൂ വലിയ ഉപകാരം ശരി ഞാൻ പോട്ടെ അപ്പോൾ അത്രയല്ലേ ഉള്ളൂ കാര്യം ഞാൻ ഏറ്റു എന്തൊക്കെയാണ് വിൽക്കാനുള്ളത് അധികം ഒന്നുമില്ല തീർന്നു ഇപ്പോൾ വിൽക്കാൻ ഒരു ചിലമ്പേ ഉള്ളു ഒരു ചിലമ്പോ അതും ഒരു ചിലമ്പും മാത്രമോ ഇതാ എന്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ വിലയോ എന്ത് വിലയും തരും അങ്ങനെ അറ്റത്തെ വില തരും പക്ഷേ ഇത്രയും വിലപ്പെട്ട ഒരു ചിലമ്പ് അത് വാങ്ങാൻ സാധാരണക്കാരന് കഴിയുമോ അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഉം അപ്പോ പിന്നെ എന്ത് ചെയ്യുവന്നല്ലേ ഒരു ബുദ്ധി തോന്നുന്നു പറയൂ പാണ്ഡ്യ മഹാരാജാവ് ഇത് കണ്ടാൽ എന്ത് വില തന്നും വാങ്ങിക്കാതിരിക്കില്ല എന്നാൽ നമുക്ക് അങ്ങോട്ടും അത് വരാം അത് പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണല്ലോ അല്ലേ രാജകൊട്ടാരത്തിലെ സ്വന്തപണിക്കാരനെ അവിശ്വസിക്കേണ്ട കാര്യം എന്ത് അതെ അതാണ് എന്റെയും ചോദ്യം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ കാണുന്നില്ലേ ആ മരം അതിന്റെ അപ്പുറത്ത് ആ വഴിയമ്പലം ഇല്ലേ അതിന്റെ അവിടെ ആളൊഴിഞ്ഞ സ്ഥലം അവിടെ നിങ്ങൾ ഇരിക്കോ ഒരല്പസമയം അവിടെ ഇരിക്കും ഞാന് വേഗം പോയി സമ്മതം മേടിച്ചിങ്ങി വരാം കേട്ടോ നിങ്ങൾ തന്നെ ആദ്യം പ്രത്യക്ഷപ്പെട്ടാൽ ചെലമ്പിന്റെ വില അദ്ദേഹം വല്ലാതെ കുറച്ചു കളഞ്ഞാലോ പോരെങ്കിൽ നിങ്ങൾ അത്യാവശ്യക്കാരനും ശരിയാണ് അതാ ഞാൻ അവിടെ ഇരിക്കാം നിങ്ങൾ പോയി എല്ലാം തീരുമാനിച്ചു വരൂ െല്ലാം ഭംഗിയായി നടക്കും ഞാൻ നടത്തും പോരെ ഞാൻ ഇതാ വന്നു കഴിഞ്ഞു കേട്ടോ ദൈവമേ അങ്ങനെ നീ എന്നെയും രക്ഷിച്ചു മഹാറാണിയുടെ ഒരു ചിലമ്പ് മൂട്ടിച്ചത് അന്തപുരത്തിനുള്ളിൽ പോലും രാപകൽ സ്വാതന്ത്ര്യമുള്ള ഞാനാണെന്ന സത്യം ഇന്നല്ലെങ്കിൽ നാളെ മഹാരാജാവ് അറിയാതിരിക്കില്ല അറിഞ്ഞാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുമോ രക്ഷപ്പെട്ടു അതേപോലത്തെ ചിലമ്പ് ഈ ചിലമ്പുമായി വന്നവൻ ശിക്ഷ അനുഭവിക്കട്ടെ അല്ല ഞാനെന്ത് കൊട്ടാരം എത്തിയല്ലോ എന്റെ പേരും നീ ഇത്ര മണ്ടിയായാലോ എത്ര നാളായി നിന്റെ ഞാനൊന്നും പറയുന്നില്ല വീരശൂര പരാക്രമിയായി പേരുകേട്ട എന്റെ മഹാരാജാവിന് അന്തപുരത്തിൽ നിന്നും മോഷണം പോയ ചിലമ്പ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഒരല്പം കൂടി ക്ഷമിക്കു ദേവി ഇന്നല്ലെങ്കിൽ നാളെ ആ ചിലമ്പ് ഇവിടെ എത്തും ഇത് പാണ്ഡ്യരാജാവായ നമ്മുടെ വാക്കാണ് നമ്മുടെ വാക്ക് ഒരിക്കലും പിഴക്കില്ല എങ്ങനെ പിഴയ്ക്കും തിരുമേനി ഇന്നോ നാളെയോ അല്ല ഇതാ ഇപ്പോൾ തന്നെ ആ ചിലമ്പ് ഇവിടെ എത്തിയിരിക്കുന്നു അതെ തിരുമേനി മോഷ്ടിച്ച ചിലമ്പ് വിൽക്കാൻ കള്ളൻ ശ്രമം നടത്തുന്നതിനിടയിൽ ഞാൻ കണ്ടു എവിടെയാ കള്ളൻ അവിടെ ആ വഴിയമ്പലത്തിൽ ഞാൻ ഭദ്രമായി ഇരുത്തിയിട്ടുണ്ട് തിരിക്കം ആരവിടെ ഉത്തരം അവൻ കള്ളനാണെങ്കിൽ കള്ളന്റെ കഴുത്ത് വിട്ടു ഉടനെ ചിലമ്പ് കൊണ്ടുവരുവിൻ ഹാവോ എനിക്കെന്റെ ചിലമ്പ് തിരിച്ചു കിട്ടി നമുക്ക് നമ്മുടെ സൗരനിദ്രയും തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇവൻ അതാ ഇവൻ തന്നെ വേഗം കഴുത്തു മുറിക്കുവിൻ ആ ഒരു അക്ഷരം പോലും അവനെ പറയിക്കരുത് സംഗതി കുഴയും ഉടനെ രാജകൽപന നടത്തും അയ്യോ അയ്യോ എന്നെ കൊല്ലരുത് കൊല്ലരുത് ഞാൻ കള്ളനല്ലേ രാജകല്പന താമസിക്കുന്നത് രാജ്യദ്രോഹമാണ് അയ്യോ കൊല്ലണം അയ്യോ ഉടൻ കൊല്ലണം അവൾ അനാഥിയായി കാണുമല്ലേ പക്ഷേ ഉണ്ടായത് അതല്ല പറയൂ നിരപരാധിയും ശുദ്ധനുമായ തന്റെ കണവനെ ചിലമ്പു മോഷ്ടിച്ച കള്ളൻ എന്ന് ധരിച്ച് നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവളൊരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്നു ഭർത്താവ് മഹാപ്രഭു നമ്മുടെ കൊട്ടാരവാതിൽക്കൽ ഒരു സ്ത്രീ ആരെ കത്തിയെരിഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് തീജ്വാലകൾ പറപ്പിച്ചുകൊണ്ട് കയ്യിൽ ഒരൊറ്റ ചിലമ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭ്രാന്തിയെ പോലെ വന്നു നിൽക്കുന്നു അങ്ങനെയും ഒരു പരാതിക്കാരിയോ വരാൻ പറയൂ അതിനെ നിലയ്ക്കാത്തതിന്റെ ദുഃഖത്തിന്റെ ഹേതുവായിരിക്കുന്ന പരാതി എന്താണെന്ന് നമ്മെ ഉണർത്തിക്കൂ പാണ്ഡിരാജ്യമാണിത് നീതിനിഷ്ഠക്ക് പേരെ അറിയേണ്ടത് ഇന്ന് പാണ്ഡ്യാജ്യം നിങ്ങളുടെ നീതി ബോധത്തെ കുറിച്ചാണ് ധർമ്മം തെറ്റാത്ത ചെങ്കോലാണ് നമ്മുടേത് നിരപരാധിയായ എന്റെ കണവനെ കള്ളനെന്ന് പഴിചാരി കൊല ചെയ്തതാണോ ധർമ്മം നിന്റെ വികാരം നാം മനസ്സിലാക്കുന്നു പക്ഷേ കള്ളനെ ശിവേദം ചെയ്യുക എന്നത് രാജധർമ്മാണ് കള്ളനോ ഏത് മഹാപാപിയായ രാജാവേ എന്റെ ഭർത്താവ് കള്ളനോ അത് പറഞ്ഞു അക്ഷരം പറയാൻ കഴിയില്ല രാജവിദൂഷക നീ പറയുന്നത് എന്താണെന്ന് നീയെങ്കിലും അറിയുന്നുണ്ടോ രാജകുട്ടാരത്തിൽ നിന്ന് മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ മറ്റാരാണോ നീ തന്നെ ഏ നാമോ അതെ എല്ലാം തകർന്ന് പുതിയൊരു ജീവിതം അന്വേഷിച്ച് ധർമ്മപുരിയായ മധുരയിൽ സ്വപ്നങ്ങളുമായി കാൽകുത്തിയ പരമ പവിത്രനായ ഭർത്താവ് കള്ളനാണെങ്കിൽ ആ മധുരക്കധിപനായ നീ പെരു കള്ളനാണ് പറയുകയാണ് ഇല്ല രാജകീയ സമൃദ്ധി വിടുവേല ചെയ്യുന്ന ഒരു തറവാട്ടിൽ പിറന്നവളാണ് ഞാൻ പതിവ്രതമാരുടെ പരിശുദ്ധിക്ക് പേര് കേട്ട ചോരനാട്ടിന്റെ മകളാണ് ഞാൻ മകളെ അതൊന്നും പിറന്ന നാട്ടിൽ ജീവിതം പൊലിഞ്ഞപ്പോൾ പുതിയൊരു ജീവിതം തേടി നിന്നെ ധർമ്മിഷ്ടനെന്ന് തെറ്റിദ്ധരിച്ച് ഞാനും എന്റെ ഭർത്താവും ഈ അധർമ്മരാജ്യത്തിൽ അറിയാതെ വന്നു പോയതാണ് രാജാവേ നൃപനീതിയെ പ്രസംഗിക്കുന്നുണ്ടല്ലോ നെഞ്ചിൽ കൈവച്ച് പറയാമോ നിനക്ക് എന്റെ ഭർത്താവാണ് നിന്റെ പട്ടം ചിലമ്പ് മോഷ്ടിച്ച കള്ളൻ അപ്പോൾ ഒറ്റയാണ് ഞാൻ ഈ കൈയിൽ ഉയർത്തി എന്നാൽ ഞങ്ങളുടെ ചിലമ്പിനുള്ളിൽ നോക്കൂ മാണിക്കപ്പരലുകളാണ് നിറച്ചിട്ടുള്ളത് എന്റെ ചിലമ്പ് നിന്റെ അവിവേകത്തിനുമെന്തിൽ ീതി തെറ്റിയോ നമ്മുടെ ചങ്കുവൽ വളഞ്ഞോ ഇനി എന്ത് ജീവിതം രാജാവേ നിന്റെ പാൽക്കണ്ണുകൾ തുറന്നു നോക്കൂ കണ്ടോ എല്ലാം മാണിക്കപ്പറലുകൾ കണ്ടോ നിന്റെ റാണിക്ക് മാത്രമേ വിലപ്പെട്ട ചിലമ്പണിയാൻ അർഹതയുള്ളൂ എന്ന് ധരിച്ച അല്പത്വം ലോകമറിയട്ടെ നേതി അറിയാത്ത നിന്റെ രാജ്യം ഞാൻ നശിപ്പിക്കും നിരപരാധിയായ എന്റെ ഭർത്താവിനെ വധിച്ച് നീ എന്നെ വിധവയാക്കിയില്ലേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ൈവതുല്യനായ കണവൻ എന്താ തെറ്റാൻ ചെയ്തത് പറയൂ ഞാൻ പതിവ്രതയാണെങ്കിൽ നീയും നിന്റെ റാണിയും കൊട്ടാരവും ഞാൻ എന്റെ മൂല പറയുന്നു എല്ലാം നശിക്കട്ടെ എല്ലാം എല്ലാം നശിക്കട്ടെ ഞാൻ പതിവണെങ്കിൽ അഗ്നിദേവൻ ഇപ്പോൾ തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെടട്ടെ ഭദ്ര ആജ്ഞാപിക്കൂ നാമിത നിന്റെ ആജ്ഞ ശിരസ് ആ വയ്ക്കാൻ കാത്തു നിൽക്കുന്നു എല്ലാ അനീതിയുടെ ഉച്ച പാണ്ഡ്യരാജാവിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ല അറിയാതെയെങ്കിലും ചെയ്തു പോയ കുറ്റത്തിൽ പശ്ചാത്തപിച്ച് സ്വന്തം പ്രാണൻ ബലികൊടുത്ത് അദ്ദേഹം ധർമ്മം സ്ഥാപിച്ചു വളഞ്ഞുപോയ നൃപനീതിയുടെ ചെങ്കോലിന് പ്രാണനൂട്ടി അദ്ദേഹം നിവർത്തു മറ്റാർക്കും കാണിക്കാൻ കഴിയാത്ത പ്രായച്ചിത്തം എത്ര മഹത്തായ രാജധർമ്മമാണ് ആ രാജർഷി അനുഷ്ഠിച്ചു കളഞ്ഞത് വൈധവ്യത്തെക്കാൾ കൊടിയ നരകമില്ലെന്നുറച്ച് അദ്ദേഹത്തിന്റെ പട്ടമഹിഷി പെരുന്തേവി പ്രാണീശ്വരന്റെ മാർഗം സ്വീകരിച്ചു പാതിവൃത്യത്തിന്റെ മഹിമൊരു ഉദാഹരണം തന്നെ ഇനിയും പറയൂ കണ്ണകയുടെ ആ സതീരത്നത്തിന്റെ കഥ തന്റെ കണവനെ ജീവനോടെ നേരിട്ട് കാണുന്നതുവരെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവൾ ശപഥം ചെയ്തു പതിനാല് ദിവസം അഹോരാത്രം ആ ഒറ്റമുലച്ചി അലഞ്ഞു നടന്നു എന്ത് ഒടുവിൽ പുണ്യഭൂമിയായ ഈ ചേര വെച്ചാണല്ലോ അവൾക്ക് ഭർത്തൃസമാഗമം ഉണ്ടായത് തീർച്ചയായും പുണ്യം ചെയ്ത രാജവംശമാണ് നമ്മുടേത് മഹാഭാഗ്യം ചെയ്തു കളഞ്ഞത് മലംകുറവന്മാരാണ് ഈ അപൂർവ ദൃശ്യം നേരിട്ടത് അവരാണല്ലോ അങ്ങയുടെ ജ്യേഷ്ഠനായ ചേരും ചെമ്പുത്തുവ മഹാരാജാവ് തിരുമനസ് ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് പോലെ മഹാരാജാവ് തിരുമനസ്സിന് മംഗളം ഭവിക്കട്ടെ വീരകേസരിയായി വിരാജിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠന് പ്രണാമം വിവരങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ എല്ലാം നാം അറിഞ്ഞു മലങ്കുറവന്മാരെല്ലാം വിസ്തരിച്ച് തന്നെ ബോധിപ്പിച്ചു നമ്മുടെ നാടിന്റെ പുണ്യം ആ പതിദേവതയെ നമ്മുടെ മാതൃസ്ഥാനം നൽകി ഈ കുന്നല നാട്ടിൽ പ്രതിഷ്ഠിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു അർഹമായ തീരുമാനം ദിഗ്വിജയം നടത്തുന്നതിനിടയിൽ ഹിമാലയത്തിൽ ചെന്ന് ബിംബ നിർമ്മാണത്തിനുള്ള ശുഭ്രശില കൊണ്ടുവരാൻ നാം ഇതാ പുറപ്പെടുകയായി ജ്യേഷ്ഠനാ പതിദേവതയുടെ അനുഗ്രഹം വഴുനീടെ ഉണ്ടായിരിക്കട്ടെ ഗംഗയിൽ നീരാടിച്ച് നമ്മുടെ ശത്രു കനകവിജയന്മാരുടെ ശിരസിൽ ചുവപ്പിച്ച് വിജിഗീക്ഷമായി നാം വൈകാതെത്തുന്നതായിരിക്കും എത്രയും വേഗം ഗുന്ദലനാട്ടിൽ ആ മാതൃ പ്രതിഷ്ഠിക്കുക തന്നെ വേണം ഇളം വിവരം അറിയിക്കാനാണ് നാം വന്നത് സൈന്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ പുറപ്പെടട്ടെ മഹാരാജാവ് തിരുമനസുകൊണ്ട് വിജയപൂർവം മടങ്ങുമാറാ വഞ്ചിമാലയ വീരകേശരി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടുവൻട്ടെട്ടെട്ടേ എന്താണ് ചാത്തന െ ആലോചനാളത് ഭൗതികമായ ഈ സാമ്രാജ്യത്തിൽ മാത്രം ആ പതിദേവതയെ പ്രതിഷ്ഠിച്ചാൽ മതിയോ ഞാൻ അത് ചിന്തിക്കുകയായിരുന്നു അനശ്വരമായ സാഹിത്യ സാമ്രാജ്യത്തിലും വേണ്ടേ ആ ദേവിക്ക് സമുചിതമായ ഒരു പ്രതിഷ്ഠ തീർച്ചയായും വേണ്ടതാണ് ചാത്തനാർക്ക് ഒരു മഹാകാവ്യം തീർത്തുകൂടി ശിവശിവ ഞാനോ മഹാപണ്ഡിതനും ഋഷിപുങ്കവനുമായ അങ്ങുള്ളപ്പോഴോ അങ്ങ് തന്നെയാണ് ആ മഹൽകൃത്യം നിർവഹിക്കാൻ സർവതാ അർഹൻ ചോഴനാട്ടിൽ പിറന്ന് മധുരയിൽ ദുരന്തം സംഭവിച്ച് ചേരനാട്ടിൽ കുടികൊള്ളാൻ വന്ന ആ ദേവിയുടെ ഐതിഹാസിക കഥ ഒരു വെറും കഥയല്ല ചേര ചോഴ പാണ്ഡ്യ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും എല്ലാം ജീവൽകഥയാണ് രാജർഷിയായ അങ്ങക്ക് മാത്രമേ അതെഴുതാൻ അധികാരമുള്ളൂ ശരി എന്നാൽ അങ്ങനെയാവാം ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു ചിലമ്പാണെന്ന് നമുക്കരുതുന്നു ആ ചിലമ്പിലൂടെ സനാതനമായ മൂന്ന് ലോകതത്വങ്ങൾ മുഴങ്ങിക്കുകയും ചെയ്യുന്നു ശരിയാണ് നൃപനീതി തെറ്റിക്കുന്ന രാജാവിന് ധർമ്മദേവത തന്നെ അന്തകനായി തീരും ഇതാണ് ഒന്നാമത്തെ തത്വം ദേവരോഗവും വണങ്ങി വാഴ്ത്തും ജന്മാന്തരകൃതമായ പാപഫലങ്ങളുടെ ദുരിതഫലം അനന്തര ജന്മത്തിലായാലും അനുഭവിക്കാതെ വയ്യ അതെ ഈ മൂന്ന് ലോകതത്വങ്ങളും ശില്പവേലകളോടുകൂടിയ ഒരു ചിലമ്പു ഹേതുവായിട്ട് സ്പഷ്ടമായിരിക്കയാൽ ചിലപ്പതികാരം എന്ന പേരിൽ തന്നെ നാം ഉടനെ ഒരു മഹാകാവ്യം നിർമ്മിച്ച് ഈ ലോകതത്വങ്ങളെ അനന്തര തലമുറകളുടെ അറിവിലേക്കായി നിലനിർത്തുന്നുണ്ട് അങ്ങയെ ലോകം മറക്കില്ല ഇയലും ഇശയും നാടകവും വിടകലറന്ന ഈ മുത്തമിക്കാവ്യം നാം ഉണ്ടാക്കുമ്പോൾ ചാത്തനാർ വെറുതെയിരിക്കുന്നത് ശരിയാവില്ല കോവലിന് മാധവിയിൽ പിറന്ന മണിമേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ അവളുടെ കഥയും ഒരു കാവ്യത്തിനുണ്ട് അങ്ങയുടെ ചിലപ്പതികാരത്തിന് ഒരു അനുബന്ധം പോലെ മണിമേഖല എന്ന ഒരു മഹാകാവ്യം ഈയുള്ളവൻ അതെ നമ്മുടെ സുദൃഢമായ സാഹോദര്യ സൗഹൃദ ബന്ധം നമ്മുടെ കാലശേഷം ലോകമുള്ളിടത്തോളം സാഹിത്യ സാമ്രാജ്യത്തിനും തോടോട് തോടൊരുമിത്തന്നെ നിൽക്കട്ടെ എല്ലാം ആ പതിദേവതയുടെ അനുഗ്രഹം ചെയ്യാ കണവൻ ഉപജാപത്തിലെത്തി പാണ്ഡ്യ പട ഖ്ഗത്താ ശിരച്ചേതി തൻ ഒറ്റ കയ്യിൽ നീ മറുപടി പൊന്നിൻ ചിലമ്പ മധുരാപുരത്തിൽ മടവൂർ ഭാസി എസ് അയ്യപ്പൻ നായർ രവി വള്ളത്തൂർ എം സോമശേഖരൻ നായർ അലക്സ് വള്ളക്കാലി പി തങ്കച്ചൻ ചിറയങ്കീട് രാജൻ കെ എസ് റാണാപ്രതാപൻ കാട്ടാക്കട പ്രേംകുമാർ രമേശൻ നായർ കെ പൊന്നപ്പൻപിള്ള ടി പി രാധാമണി ലീല പണിക്കർ മേരിക്കുട്ടി ഡോളി കെ വി ഗിരിജ ഗാനങ്ങൾ രവീന്ദ്രനാഥ മേനോൻ മാർക്കോസ് ജി ഗാഥ എഫ് കെ എസ് ഗോപാലകൃഷ്ണൻ ആർ വെങ്കിട്ടരാമൻ ബി ശശികുമാർ മണി ചിദംബരയ്യർ മൈക്കൽ ഗോമതി ചിദംബരം ആർ സുബ്ബലക്ഷ്മി ആകാശവാണി ഗായക സംഘം സാങ്കേതിക സഹായം ജി രമേശ് രചന രമേശൻ നായർ സംഗീതം എം ജി രാധാകൃഷ്ണൻ സംവിധാനം എ പ്രഭാകരൻ